യൂണിറ്റ് അവൾ പഠിക്കുകയും ജോലിക്ക് പോകുകയും ചെയ്യുന്നു എന്താ രാഘവ ഒരു പുതിയ അലമാര കൂടെ കാണുന്നല്ലോ തയ്യലിന്റെ കൂടെ ഇപ്പോൾ തുണി വ്യാപാരവും ഉണ്ടോ വ്യാപാരം എന്ന് പറയാൻ വയ്യ ഏതാണ്ട് ഒരു ചെറിയ തോതിൽ കുറച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് അത് നന്നായി ഇനിയിപ്പോൾ തുണി തയ്പ്പിക്കാൻ കൊണ്ടുവരുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം വാങ്ങിക്കാൻ വരുന്നവർക്ക് അത് തയ്പ്പിക്കുകയും ചെയ്യാം സാറ് രണ്ടാമത് പറഞ്ഞത് ശരി സാധാരണ ഇവിടുന്ന് തുണി വാങ്ങുന്നവരൊക്കെ ഇവിടെ തന്നെ തയ്പ്പിക്കാറുണ്ട് പക്ഷെ മറിച്ച് നടക്കാറില്ല എന്നാലും കുറച്ച് വിൽപ്പനയൊക്കെ ഉണ്ട് അല്ലെ കരക്കേടില്ല അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ നീ ഒരൊറ്റ ഒരുത്തനേ ഉള്ളോ പിന്നല്ലാതെ തുണി മുറിച്ചുകൊടുക്കുകയും ളവെടുക്കുകയും തയ്ക്കുകയും ഒക്കെ കൂടി ചെയ്യാൻ നിനക്ക് പറ്റുമോ ചെയ്യാതെ പറ്റുമോ സാർ ഓരോന്നിനു ഓരോ ജോലിക്കാരെ നിർത്തിയാൽ അവർക്കൊക്കെ ഞാൻ എവിടുന്ന് ശമ്പളം കൊടുക്കും സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ വെറുതെ കാര്യമറിയാൻ ചോദിച്ചു എന്നേയുള്ളൂ അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാനല്ല അതെനിക്കറിയാം സാർ തൻ്റെ മൂത്ത മോട് പഠിക്കുന്നു അതോ ജോലിക്ക് പോകുന്നു അവള് പഠിക്കുകയും ജോലിക്ക് പോകുകയും ചെയ്യുന്നുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ് ടൈപ്പിംഗും ചുരുക്കെഴുത്തും പഠിക്കുകയാണ് പിന്നെ നാലഞ്ച് പിള്ളേർക്ക് ട്യൂഷണം എടുക്കുന്നുണ്ട് അപ്പോ അതും കൂടെ ഒരു വരുമാനമായല്ലോ ട്യൂഷൻ ഫീസായിട്ട് അവൾക്ക് നാൽപ്പതോ അൻപതോ രൂപ കിട്ടും അത് അവളുടെ ഫീസിനും പോക്കുവരവിനും തന്നെ അങ്ങ് ചെലവാകുകയും ചെയ്യും അതെങ്കിലും സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്തോന്നാ സാറിന്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റുകളെ തൽക്കാലത്ത് കെടുക്കുകയും കുറെ നാൾ കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാരോ പറഞ്ഞു ഉള്ളതാണോ സാറേ അങ്ങനെയാണെങ്കിൽ എന്റെ മോളുടെ കാര്യം കൂടെ സാറൊന്ന് മനസ്സിരുത്തണം താനൊന്നും വെപ്രാളപ്പെടാതിരി തന്റെ മോളുടെ ടൈപ്പിംഗും ചുരുക്കഴുത്തും ഒക്കെ പഠിച്ച് പാസ്സായി വരട്ടെ അപ്പോൾ എങ്ങനെയും ഒരു വഴി ഉണ്ടാക്കാം ലിസൺ ആൻഡ് റിപ്പീ എന്താ രാഘവ ഒരു പുതിയ അലമാരി കൂടെ കാണുന്നല്ലോ എന്താ രാഘവ ഒരു പുതിയ അലമാരി കൂടെ കാണുന്നല്ലോ തയ്യലിന്റെ കൂടെ ഇപ്പോൾ തുണി വ്യാപാരവും ഉണ്ടോ തയ്യലിന്റെ കൂടെ ഇപ്പോൾ തുണി വ്യാപാരവും ഉണ്ടോ വ്യാപാരം എന്ന് പറയാൻ വയ്യ വ്യാപാരം എന്ന് പറയാൻ വയ്യ ഏതാണ്ട് ഒരു ചെറിയ തോതിൽ കുറച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ഒരു ചെറിയ തോതിൽ കുറച്ച് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് അത് നന്നായി അത് നന്നായി ഇനിയിപ്പോൾ തുണി തപ്പിക്കാൻ കൊണ്ടുവരുന്നവർക്ക് ഇനിയിപ്പോൾ തുണി തപ്പിക്കാൻ കൊണ്ടുവരുന്നവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം വേണമെങ്കിൽ വാങ്ങിക്കുകയും ചെയ്യാം വാങ്ങിക്കാൻ വരുന്നവർക്ക് അത് തൈപ്പിക്കുകയും ചെയ്യാം വാങ്ങിക്കാൻ വരുന്നവർക്ക് അത് തയ്പ്പിക്കുകയും ചെയ്യാം സാറ് രണ്ടാമത് പറഞ്ഞത് ശരി സാറ് രണ്ടാമത് പറഞ്ഞത് ശരി സാധാരണ ഇവിടുന്ന് തുണി വാങ്ങിക്കുന്നവരൊക്കെ ഇവിടെ തന്നെ സാധാരണ ഇവിടുന്ന് തുണി വാങ്ങിക്കുന്നവരൊക്കെ ഇവിടെ തന്നെ തയ്പ്പിക്കാറുണ്ട് പക്ഷെ മറിച്ച് നടക്കാറില്ല പക്ഷെ മറിച്ച് നടക്കാറില്ല എന്നാലും കുറച്ച് വിൽപ്പനയൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് വിൽപ്പനയൊക്കെ ഉണ്ട് തരക്കേടില്ല രക്കേടില്ല അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ നീ ഒരൊറ്റ ഒരുത്തനേ ഉള്ളോ അപ്പോൾ ഈ ജോലിയൊക്കെ ചെയ്യാൻ നീ ഒരൊറ്റ ഉള്ളോ പിന്നല്ലാതെ ല്ലാതെ തുണി മുറിച്ചു കൊടുക്കുകയും അളവെടുക്കുകയും ഒക്കെ കൂടി ചെയ്യാൻ തുണി മുറിച്ചു കൊടുക്കുകയും അളവെടുക്കുകയും തയ്ക്കുകയും ഒക്കെ കൂടി ചെയ്യാൻ നിനക്ക് പറ്റുമോ നിനക്ക് പറ്റുമോ ചെയ്യാതെ പറ്റുമോ സാർ ചെയ്യാതെ പറ്റുമോ സാർ ഓരോ ഒന്നിന് ഓരോ ജോലിക്കാരെ നിർത്തിയാൽ ഓരോ ഒന്നിന് ഓരോ ജോലിക്കാരെ നിർത്തിയാൽ അവർക്കൊക്കെ ഞാൻ എവിടുന്ന് ശമ്പളം കൊടുക്കും അവർക്കൊക്കെ ഞാൻ എവിടുന്ന് ശമ്പളം കൊടുക്കും സാറ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കണം സാറ് തന്നെ ഒന്നാലോചിച്ച് നോക്കണം ഞാൻ വെറുതെ കാര്യമറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ വെറുതെ കാര്യമറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാനല്ല അല്ലാതെ നിന്നെ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാനല്ല അതെനിക്കറിയാം സാർ അതെനിക്കറിയാം സാർ തന്റെ മൂത്തമാൾ പഠിക്കുന്നോ അതോ ജോലിക്ക് പോകുന്നോ തന്റെ മൂത്തമാള് പഠിക്കുന്നോ അതോ ജോലിക്ക് പോകുന്നോ അവള് പഠിക്കുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അവള് ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ് ടൈപ്പിങ്ങും പഠിക്കുകയാണ് എസ് എസ് എൽ സി പഠിക്കുകയാണ് പിന്നെ നാലഞ്ച് പിള്ളേർക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട് പിന്നെ നാലഞ്ച് പിള്ളേർക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട് അപ്പോ അതും കൂടെ ഒരു വരുമാനമായല്ലോ അപ്പോ അതും കൂടെ ഒരു വരുമാനമായല്ലോ ട്യൂഷൻ ഫീസായിട്ട് അവൾക്ക് നാൽപ്പതോ അൻപതോ രൂപ കിട്ടും ട്യൂഷൻ ഫീസായിട്ട് അവൾക്ക് നാൽപ്പതോ അൻപതോ രൂപ കിട്ടും അത് അവളുടെ ഫീസിനും പോക്ക് വരവിനും അത് അവളുടെ ഫീസിനും പോക്കുവരവിനും തന്നെ അങ്ങ് ചെലവാകുകയും ചെയ്യും തന്നെ അങ്ങ് ചെലവാകുകയും ചെയ്യും അതെങ്കിലുമായല്ലോ അതെങ്കിലുമായല്ലോ സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്തോന്നാ എന്തോന്നാ സാറിന്റെ ഓഫീസിൽ സാറിന്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റുകളെ തൽക്കാലത്ത് കെടുക്കുകയും കുറെനാൾ കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാരോ പറഞ്ഞു കുറെ നാൾ കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാരോ പറഞ്ഞു ഉള്ളതാണോ സാറേ ഉള്ളതാണോ സാറേ അങ്ങനെയാണെങ്കിൽ എന്റെ മോളുടെ കാര്യം കൂടെ സാറൊന്ന് മനസ്സിത്തണം അങ്ങനെയാണെങ്കിൽ എന്റെ മോളുടെ കാര്യം കൂടെ സാറൊന്ന് മനസ്സിത്തണം താനെന്ന് വെപ്രാളപ്പെടാതിരി വെപ്രാളപ്പെടാതിരി തന്റെ മോള് ടൈപ്പിങ്ങും ചുരുക്കെഴുത്തും ഒക്കെ പഠിച്ച് പാസായി വരട്ടെ തന്റെ മോളെ ടൈപ്പിങ്ങും ചുരുക്കെഴുത്തും ഒക്കെ പഠിച്ച് പാസ്സായി വരട്ടെ അപ്പോൾ എങ്ങനെയും ഒരു വഴി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയും ഒരു വഴി ഉണ്ടാക്കാം ഡ്രിൽസ് റെപ്പറ്റീഷൻ ഡ്രിൽ ജോസഫ് തുണി തയ്ക്കുകയും വിൽക്കുകയും ചെയ്യുന്നു ജോസഫ് തുണി തയ്ക്കുകയും വിൽക്കുകയും ചെയ്യുന്നു കമല പഠിക്കുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്നില്ല കമല പഠിക്കുകയും ജോലിക്ക് പോകുകയും ചെയ്യുന്നില്ല ആ കുട്ടികൾ ഒരേ സമയം കരയുകയും ചെയ്യുന്നു ആ കുട്ടികൾ ഒരേ സമയം കരയുകയും ചിരിക്കുകയും ചെയ്യുന്നു അവർ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നില്ലേ അവർ പാടുഗയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നില്ലേ അടുത്ത വീട്ടിലെ കോഴിയെ രാജൻ എറിയുകയും കൊല്ലുകയും ചെയ്തു അടുത്ത വീട്ടിലെ കോഴിയെ രാജൻ എറിയുകയും കൊല്ലുകയും ചെയ്തു അമ്മ രമണിയെ പഠിക്കാത്ത കാര്യത്തിന് വഴക്കു അടിക്കുകയും ചെയ്തില്ലേ അമ്മ രമണിയെ പഠിക്കാത്ത കാര്യത്തിന് വഴക്കു അടിക്കുകയും ചെയ്തില്ലേ എല്ലാ മന്ത്രിമാരും കൈക്കൂലി വാങ്ങുകയും പണം സമ്പാദിക്കുകയും ചെയ്യുമോ എല്ലാ മന്ത്രിമാരും കൈക്കൂലി വാങ്ങുകയും പണം സമ്പാദിക്കുകയും ചെയ്യുമോ പഠിക്കാത്തവർ ഒന്നാം ക്ലാസ് നേടുകയും കോളേജിൽ ചേരുകയും ചെയ്യില്ല പഠിക്കാത്തവർ ഒന്നാം ക്ലാസ് നേടുകയും കോളേജിൽ ചേരുകയും ചെയ്യില്ല തോമസ് സ്വന്തം വീട് വിൽക്കുകയോ വാടകയോ ചെയ്യും തോമസ് സ്വന്തം വീട് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്യും എന്റെ അമ്മ മീൻ കൂട്ടുകയോ വയ്ക്കുകയോ ചെയ്യില്ല എന്റെ അമ്മ മീൻ കൂട്ടുകയോ വയ്ക്കുകയോ ചെയ്യില്ല സരള അവൾ സ്നേഹിച്ച ആളിനെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും സരള അവൾ സ്നേഹിച്ച ആളിനെ കല്യാണം കഴിക്കുക തന്നെ ചെയ്യും എക്സ്പാൻഷൻ ഡ്രിൽ എന്റെ മകൻ കിടക്കുകയും ചെയ്യും കളിക്കുകയും ചെയ്യും എന്റെ മകൻ വെള്ളത്തിൽ കളിക്കുകയും പനി പിടിച്ചു കിടക്കുകയും ചെയ്യും എപ്പോഴും എന്റെ മകൻ എപ്പോഴും വെള്ളത്തിൽ കളിക്കുകയും പനി പിടിച്ചു കിടക്കുകയും ചെയ്യും മോഡൽ അമ്മ വിളമ്പി തരുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് അമ്മ ഞങ്ങൾക്ക് വിളമ്പി തരികയും ചെയ്യുന്നു ചോറ് വയ്ക്കുകയും അമ്മ ചോറ് വയ്ക്കുകയും ഞങ്ങൾക്ക് വിളമ്പിത്തരുകയും ചെയ്യുന്നു അമ്മ തന്നെ ചോറ് വയ്ക്കുകയും ഞങ്ങൾക്ക് വിളമ്പിത്തരുകയും ചെയ്യുന്നു അമ്മ തന്നെ എന്നും ചോറ് വയ്ക്കുകയും ഞങ്ങൾക്ക് വിളമ്പിത്തരികയും ചെയ്യുന്നു ിൽ മോഡൽ വൺ 1 ഇനിയും പാട്ട് പാടും കമല ഇനിയും പാട്ട് പാടുക തന്നെ ചെയ്യും നൗ ഫോളോ ദ മോഡൽ മഴ പെയ്യും ഇന്ന് മഴ പെയ്യുക തന്നെ അവർ സ്വന്തം വീട് വിൽക്കും അവർ സ്വന്തം വീട് വിൽക്കുക തന്നെ ചെയ്യും ശാരദയ്ക്ക് ഇത്തവണയും ഒന്നാം ക്ലാസ് കിട്ടും ശാരദക്ക് ഇത്തവണയും ഒന്നാം ക്ലാസ് കിട്ടുക തന്നെ ചെയ്യും താമസിച്ചു പോയാൽ ടീച്ചർ വഴക്കു പറയും താമസിച്ചു പോയാൽ ടീച്ചർ വഴക്കു പറയുക തന്നെ ചെയ്യും മറ്റന്നാൾ ഞാൻ അവധിയെടുത്ത് നാട്ടിൽ പോകും മറ്റന്നാൾ ഞാൻ അവധിയെടുത്ത് നാട്ടിൽ പോകുക ചെയ്യും ആരെന്ത് പറഞ്ഞാലും അവൾ അങ്ങനെ ചെയ്യും ആരെന്ത് പറഞ്ഞാലും അവൾ അങ്ങനെ ചെയ്യുക ചെയ്യും മോഡൽ ടു കുട്ടികൾ കളിക്കുകയും വഴക്കുകൂടുകയും ചെയ്യും കുട്ടികൾ കളിക്കുകയോ വഴക്കുകൂടുകയോ ചെയ്യും മോഡൽ അവളുടെ കല്യാണം നടത്തുകയും അവൾക്കൊരു ജോലി കൊടുക്കുകയും ചെയ്യണം അവളുടെ കല്യാണം നടത്തുകയോ അവൾക്കൊരു ജോലി കൊടുക്കുകയോ ചെയ്യണം നല്ല ആഹാരം കഴിക്കുകയും സമയത്ത് മരുന്ന് കുടിക്കുകയും ചെയ്യുന്നില്ലേ നല്ല ആഹാരം കഴിക്കുകയോ സമയത്ത് മരുന്ന് കുടിക്കുകയോ ചെയ്യുന്നില്ലേ കലാകേന്ദ്രത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിന് സംഭാവന കൊടുക്കുകയും ചെയ്തോ കലാകേന്ദ്രത്തിനു വേണ്ടി പ്രവർത്തിക്കുകയോ അതിന് സംഭാവന കൊടുക്കുകയോ ചെയ്തോ അമ്മ കൊച്ചുമോന് ചോറ് വിളമ്പുകയും വാരി കൊടുക്കുകയും ചെയ്യും അമ്മ കൊച്ചുമോന് ചോറ് വിളമ്പുകയോ വാരി കൊടുക്കുകയോ ചെയ്യും ക്യൂവിൽ നിൽക്കുകയും ടിക്കറ്റ് വാങ്ങുകയും ചെയ്യാം നമ്മൾക്ക് ക്യൂവിൽ നിൽക്കുകയോ ടിക്കറ്റ് വാങ്ങുകയോ ചെയ്യാം കോമ്പിനേഷൻ ഡ്രിൽ മോഡൽ വൺ പൈലി കള്ളു കുടിക്കുന്നു ീഡി വലിക്കുന്നു പൈലി കള്ളു കുടിക്കുകയും വീടി വലിക്കുകയും ചെയ്യുന്നു മോഡൽ രഘു റേഡിയോ കേൾക്കുന്നു രഘു പാഠം എഴുതുന്നു രഘു റേഡിയോ കേൾക്കുകയും പാഠം എഴുതുകയും ചെയ്യുന്നു വർഗീസ് കുഴികൾ വെട്ടുകയും ചേന നടുകയും ചെയ്തു ഞാൻ ചപ്പാത്തി തിന്നും ഞാൻ ചായ കുടിക്കും ഞാൻ ചപ്പാത്തി തിന്നുകയും ചായ കുടിക്കുകയും ചെയ്യും രാജാവ് യുദ്ധത്തിൽ തോറ്റു രാജാവ് രാജ്യം വിട്ടോടി രാജാവ് യുദ്ധത്തിൽ തോൽക്കുകയും രാജ്യം വിട്ടോടുകയും ചെയ്തു എല്ലാ ഞായറാഴ്ചയും അവർ സിനിമ കാണുന്നു അവർ കടപ്പുറത്ത് പോകുന്നു എല്ലാ ഞായറാഴ്ചയും അവർ സിനിമ കാണുകയും കടപ്പുറത്ത് പോവുകയും ചെയ്യുന്നു മോഡൽ ടു അയാൾ ഭാര്യയെ കാണില്ല അയാൾ അവളോട് സംസാരിക്കില്ല അയാൾ ഭാര്യയെ കാണുകയോ അവളോട് സംസാരിക്കുകയോ ചെയ്യില്ല നോളോ ദ മോഡൽ അദ്ദേഹം കള്ളം പറയില്ല അദ്ദേഹം കൈക്കൂലി വാങ്ങില്ല അദ്ദേഹം കള്ളം പറയുകയോ തൈക്കൂല് വാങ്ങുകയോ ചെയ്യില്ല വാസു ലതയെ പ്രേമിച്ചില്ല വാസു ലതയെ കല്യാണം കഴിച്ചില്ല വാസു ലതയെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ ചെയ്തില്ല അയാൾ വീട്ടിൽ കിണർ കുഴിച്ചില്ല അയാൾ വീട്ടിൽ പൈപ്പ് ഇട്ടില്ല അയാൾ വീട്ടിൽ കിണർ കുഴിക്കുകയോ പൈപ്പ് ഇടുകയോ ചെയ്തില്ല ജോണി കൃഷി നിർത്തിയില്ല ജോണി വ്യാപാരം തുടങ്ങിയില്ല ജോണി കൃഷി നിർത്തുകയോ വ്യാപാരം തുടങ്ങുകയോ ചെയ്തില്ല അമ്മ അരിയും കറിയും വയ്ക്കുന്നില്ല അമ്മ പലഹാരം ഉണ്ടാക്കുന്നില്ല അമ്മ അരിയും കറിയും വയ്ക്കുകയോ പലഹാരം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല മോഡൽ ത്രീ ഞങ്ങളുടെ പട്ടി കുരയ്ക്കുന്നില്ല ഞങ്ങളുടെ പട്ടി കടിക്കുന്നു ഞങ്ങളുടെ പട്ടി കുറയ്ക്കുകയും കടിക്കുകയും ചെയ്യുന്നില്ല മോഡൽ മധു പുതിയ വാക്കിന്റെ അർത്ഥം ചേട്ടനോട് ചോദിക്കുന്നില്ല മധു ഡിക്ഷണറിയിൽ നോക്കുന്നുമില്ല ധു പുതിയ വാക്കിന്റെ അർത്ഥം ചേട്ടനോട് ചോദിക്കുകയും ഡിക്ഷണറിയിൽ നോക്കുകയും ചെയ്യുന്നില്ല ഞാൻ അവരുടെ വീട്ടിൽ പോകുന്നില്ല ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നുമില്ല ഞാൻ അവരുടെ വീട്ടിൽ പോകുകയും അവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നില്ല രാമകൃഷ്ണൻ മേലധികാരിയെ കൈമണി അടിക്കുന്നില്ല രാമകൃഷ്ണൻ മേലധികാരിയെ പുകഴ്ത്തുന്നുമില്ല രാമകൃഷ്ണൻ മേലധികാരിയെ കൈമണി അടിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നില്ല അവർ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തില്ല അവർ അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തുമില്ല അവർ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുകയും സമ്മാനം കൊടുക്കുകയും ചെയ്തില്ല കമലം അവിയലിന് കൂട്ടരച്ചില്ല കമലം അവിയലിന്റെ കഷ്ണം അടുപ്പിൽ വച്ചുമില്ല കമലം അവിയലിന് കൂട്ടരയ്ക്കുകയും അവിയലിന്റെ കഷ്ണം അടുപ്പിൽ വയ്ക്കുകയും ചെയ്തില്ല മോഡൽ ഫോർ രാജു എന്നെ വിളിക്കും അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരും രാജു എന്നെ വിളിക്കുകയോ എന്റെ വീട്ടിൽ വരുകയോ ചെയ്യും നൗ ഫോളോ ദോഡൽ രാമു അപ്പൂപ്പനെ കൊണ്ട് കഥ പറയിക്കും അല്ലെങ്കിൽ അമ്മൂമ്മയെ ഹിന്ദി പഠിപ്പിക്കും രാമു അപ്പൂപ്പനെ കൊണ്ട് കഥ പറയിക്കുകയോ അമ്മൂമ്മയെ ഹിന്ദി പഠിപ്പിക്കുകയോ ചെയ്യും അയാൾ വഴക്കുകൂടും അല്ലെങ്കിൽ പിണങ്ങിപ്പോകും അയാൾ വഴക്കുകൂടുകയോ പിണങ്ങി പോവുകയോ ചെയ്യും ഇന്ന് എന്റെ കൂട്ടുകാരൻ വരും അല്ലെങ്കിൽ അവന്റെ എഴുത്ത് എനിക്ക് കിട്ടും ഇന്ന് എന്റെ കൂട്ടുകാരൻ വരികയോ അവന്റെ എഴുത്ത് എനിക്ക് കിട്ടുകയോ ചെയ്യും അച്ഛൻ കളിപ്പാട്ടം കൊണ്ടുവരും അല്ലെങ്കിൽ സിനിമയ്ക്ക് കൊണ്ടുപോകും അച്ഛൻ കളിപ്പാട്ടം കൊണ്ടുവരികയോ സിനിമയ്ക്ക് കൊണ്ടുപോവുകയോ ചെയ്യും അമ്മ സദ്യ ഉണ്ടാക്കും അല്ലെങ്കിൽ പുതിയ ഉടുപ്പ് തച്ചു തരും അമ്മ സദ്യ ഉണ്ടാക്കുകയോ പുതിയ ഉടുപ്പ് തച്ചു തരുകയോ ചെയ്യും ഡ്രിൽ അമ്മയെ കാണാതെ അവൻ കരയുകയും പിണങ്ങുകയും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ആഹാരം മാത്രം ശരിക്കു കഴിക്കുന്നില്ല നൗ ഫോളോ ദ മോഡൽ അദ്ദേഹം കൈക്കൂലി വാങ്ങുകയോ കള്ളക്കടത്ത് നടത്തുകയോ ചെയ്യുന്നുണ്ടോ അവൻ ഇപ്പോൾ വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നുണ്ടോ കുഞ്ഞ് നിൽക്കുകയോ നടക്കുകയോ ചെയ്യുന്നുണ്ടോ അയാൾ കള്ളു കുടിക്കുകയോ ഭാര്യയെ അടിക്കുകയോ ചെയ്യുന്നുണ്ടോ സീത ഞങ്ങളെ ഓർമ്മിക്കുകയോ ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യുന്നുണ്ടോ